മകനായ യോഥാമിന്റെ മകനായി യഹൂദ രാജാവായ ആഹാസിന്റെ കാലത്ത് അരാമ്യ രാജാവായ റെസീനും രമല്യാവിന്റെ മകനായി ഇസ്രയേൽ രാജാവായ പെക്കഹും യെസ്ലേമിന്റെ നേരെ യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു വന്നു അതിനെ പിടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ലാത്താനും അരാം യഫ്രൈമിനോട് യോജിച്ചിരിക്കുന്നു എന്ന് ദാവീത് ഗ്രഹത്തിന് അറിവ് കിട്ടിയപ്പോൾ അവന്റെ ഹൃദയവും അവന്റെ ജനത്തിന്റെ ഹൃദയവും കാട്ടിലെ വൃക്ഷങ്ങൾ കാറ്റുകൊണ്ട് ഉലയും പോലെ ഉലഞ്ഞുപോയി അപ്പോൾ യഹോവ യശയ്യാവോട് അരുളി നീയും നിന്റെ മകൻ ഷെയാർ യാശൂപ്പും അലക്കുകാരന്റെ വയലിലെ പെരുവഴിക്കൽ മേലെക്കുളത്തിന്റെ നീർപ്പാത്തിയുടെ അറ്റത്ത് ആഹാസിനെ എതിരേൽപ്പം ചെന്ന് അവനോട് പറയേണ്ടത് സൂക്ഷിച്ചുകൊള്ളുക സാവധാനമായിരിക്ക പുകയുന്ന ഈ രണ്ട് മുറിക്കൊള്ളി നിമിത്തം അരാമിന്റെയും രസീന്റെയും രമല്യാവിൻ മകന്റെയും ഉഗ്രകോപം നിമിത്തം നീ ഭയപ്പെടരുത് നിന്റെ ധൈര്യം ക്ഷയിച്ചുപോകേ അരുത് നാം യഹൂദയുടെ നേരെ ചെന്ന് അതിനെ വിഷമിപ്പിച്ച് മതിൽ ഇടിച്ചു കടന്ന് താബേലിന്റെ മകനെ അവടെ രാജാവായി വാഴിക്കണം എന്നു പറഞ്ഞു അരാമും യഫ്രൈമും രമല്യാവിന്റെ മകനും നിന്റെ നേരെ ദുരാലോചന ചെയ്യുക യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു അത് നടക്കയില്ല സാധിക്കുകയുമില്ല അരാമിന് തല ിന് തല റിസി അറുപത്തഞ്ച് സംവത്സരത്തിനകം യഫ്രീം ജനമായിരിക്കാത്ത വണ്ണം തകർന്നു പോകും യഫ്രൈമിന് തല ശമരിയ ശമരിയയ്ക്ക് തല രമല്യാവിന്റെ മകൻ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ സ്ഥിരവാസവുമില്ല യഹോവ പിന്നെയും ആഹാസിനോട് നിന്റെ ദൈവമായ യഹോവയോട് താഴെ പാതാളത്തിലോ മീതെ ഉയരത്തിലോ ഒരു അടയാളം ചോദിച്ചുകൊള്ളുക എന്ന് കൽപ്പിച്ചതിന് ആഹാസ് ഞാൻ ചോദിക്കുകയില്ല യഹോവിയെ പരീക്ഷിക്കുകയുമില്ല എന്ന് പറഞ്ഞു അതിനവൻ പറഞ്ഞത് ദാവീദ് ഗ്രഹമേ കേൾപ്പീൻ മനുഷ്യരെ മുഷിപ്പിക്കുന്നത് പോരാഞ്ഞിട്ടോ നിങ്ങൾ എന്റെ ദൈവത്തെ കൂടെ മുഷിപ്പിക്കുന്നത് അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരു അടയാളം തരും കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അവന് ഈ മാനുവൻ എന്ന് പേർവിളിക്കും തിന്മ തള്ളി നന്മ തിരഞ്ഞെടുക്കുവാൻ പ്രായമാകും വരെ അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും തിന്മ തള്ളി നന്മ തിരഞ്ഞെടുപ്പാൻ ബാലന് പ്രായമാകും മുമ്പേ നീ വെറുക്കുന്ന രണ്ട് രാജാക്കന്മാരുടെയും ദേശം ഉപേക്ഷിക്കപ്പെട്ടിരിക്കും യഹോവ നിന്റെ മേലും നിന്റെ ജനത്തിന്മേലും നിന്റെ പ്രതിഭവനത്തിന്മേലും യഫ്രയും യഹൂദയെ വിട്ടുപിരിഞ്ഞ നാൾ മുതൽ വന്നിട്ടില്ലാത്തൊരു കാലം വരുത്തും അശൂർ രാജാവിനെ തന്നെ അന്നാളിൽ യഹോവ മിശ്രയിമിലെ നദികളുടെ അറ്റത്തുനിന്ന് കൊതുകിനെയും അശൂർ ദേശത്തുനിന്ന് തേനീച്ചയെയും ചൂളകുത്തി വിളിക്കും അവയൊക്കെയും വന്ന് ശൂന്യമായ താഴ്വരകളിലും പാറപ്പിളർപ്പുകളിലും എല്ലാ മുൾപ്പടർപ്പുകളിലും എല്ലാ മേച്ചൽപ്പുറങ്ങളിലും പറ്റും അന്നാളിൽ കർത്താവ് നദിക്കക്കരെ നിന്ന് കൂലിക്കുവാങ്ങിയ ക്ഷൗരക്കത്തി കൊണ്ട് അശൂർ രാജാവിനെ കൊണ്ടു തന്നെ തലയും കാലും ക്ഷൗരം ചെയ്യും അത് താടിയും കൂടെ നീക്കും അന്നാളിലൊരുത്തൻ ഒരു പശുക്കിടാവിനേയും രണ്ടാട്ടിനെയും വളർത്തും അവയെ കറന്നുകിട്ടുന്ന പാലിന്റെ പെരുപ്പം കൊണ്ട് അവൻ തൈര് തന്നെ കൊറ്റുകഴിക്കും ദേശത്ത് ശേഷിച്ചിരിക്കുന്ന എല്ലാവരുടെയും ആഹാരം തൈരും തേനും ആയിരിക്കും അന്നാളിൽ ആയിരം വെള്ളിക്കാശ് വിലയുള്ള ആയിരം മുന്തിരിവള്ളി ഉണ്ടായിരുന്ന സ്ഥലമൊക്കെയും മുള്ളും പറക്കാരയും പിടിച്ച് കിടക്കും ദേശമൊക്കെയും മുള്ളും പറക്കാരെയും പിടിച്ചുകിടക്കുന്നതിനാൽ മനുഷ്യർ അമ്പും വില്ലുമെടുത്തുകൊണ്ടു മാത്രമേ അവിടേക്ക് ചെല്ലുകയുള്ളൂ തൂമ്പാ കിളച്ചു വന്ന എല്ലാ മലകളിലും മുള്ളും പറക്കാരെയും പേടിച്ചിട്ട് ആരും പോകയില്ല അത് കാളകളെ അഴിച്ചുവിടുവാനും ആടുകൾ ചവിട്ടിക്കളവാനും മാത്രമുതകും